ഭാഗവതത്തിൽ ഉദ്ധവരും ഈ കാര്യം പറയുന്നുണ്ട് ഭഗവാനോട് പ്രായശ പുണ്ടരീകാക്ഷ യോഗിനോ യുഞ്ചത്തോ മനഹ വിശീദന്തി അസമാധാനാ മനോനിഗ്രഹ കർഷിത ഹേ കൃഷ്ണ ഇനി എനിക്ക് യോഗാ പ്രാക്ടീസ് ഒന്നും ലിസ്റ്റ് ഇട്ട് തരണ്ട അതൊക്കെ മതി എനിക്ക് വയസ്സിപ്പൊ നൂറ്റി ഇരുപതായിരിക്കുന്നു ഇപ്പൊ എനിക്ക് സത്യം കിട്ടണം യോഗികൾ പോലും പല സാധനങ്ങളും ചെയ്ത് തളർന്നു പോയിട്ടുള്ള യോഗികളെ ഞാൻ ധാരാളം കണ്ടു കഴിഞ്ഞു എന്നാണ് ഉദ്ധവർ പറഞ്ഞ ഭഗവാന്റെ അടുത്ത് ഇതിനു കാരണം എന്താ അധ്യാത്മമാർഗത്തിൽ വന്നാൽ സത്വഗുണത്തിന് നമ്മൾ അറ്റാച്ച്ഡ് ആവും അപ്പൊ എന്താവും ആരംഭത്തിലൊക്കെ നല്ല ധ്യാനസുഖമൊക്കെ ഉണ്ടാവും ആ ലക്ഷ്യം കണ്ടെത്തിയവരെ നമ്മൾ മുമ്പിൽ കാണുന്നു പക്ഷെ അവരെ പോലെ പെട്ടെന്ന് ആവണമെന്ന് ഒരു വ്യഗ്രത ഉള്ളിലുണ്ടാവുകയും നടക്കാതെ പോവുകയും ചെയ്യുകയാണ് ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ പല ആളുകളും ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ ശേഷം പല ആളുകളും പറഞ്ഞു ഇതേ കാര്യം ഞങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് എന്താന്ന് വെച്ചാൽ ഈ ഉത്സവത്തിനൊക്കെ ഇപ്പോഴൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയില്ല കാരണം ഞാനൊരു പത്തിരുപത്തി അഞ്ച് വർഷമായി എവിടെയെങ്കിലും ഉത്സവത്തിനോ പോയിട്ട് കുട്ടിക്കാലത്ത് കാണും ഈ ഒറ്റ കമ്പി ചരട്ട കൊണ്ട് ചരട്ട ഒരു മുളയിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു തമ്പുരു പോലെ ഒരു സാധനം ഒരു കമ്പി അതില് കെട്ടിയിട്ട് ഒരു വില്ല് ഇങ്ങനെ വളച്ചിട്ട് ഈ വയലിനൊക്കെ വായിക്കുന്ന പോലെ അതിൽ കൈവെച്ച് ഗംഭീരമായിട്ട് പഴയ സിനിമ പാട്ടൊക്കെ വായിച്ചുകൊണ്ട് വരും അത് മൂന്നു ഉറുപ്യ നാലുറുപ്യൊക്കെ ഉള്ളു ആ സാ അന്ന് രണ്ടു റുപ്യ ഒരു ഉറുപ്യൊക്കെ കൊടുത്താൽ അത് വിൽക്കാനായിട്ട് ഒരു വട്ടി നിറയോ കൊണ്ടുവരും അയാള് വായിക്കുന്നത് കണ്ടിട്ട് നക്കെ ഉത്സാഹമാണ് വീട്ടിൽ പോയി ശണ്ട കൂടി രണ്ടു റുപ്യ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അയാളുടെ അടുത്ത് കൊണ്ട് കൊടുത്ത് അത് വാങ്ങിച്ച ആദ്യം തന്നെ പേർന്നൊരു ശബ്ദം വരും അപ്പൊ ശബ്ദം വരും രണ്ടാമത് വായിക്കുമ്പോ ഒന്നില് വില്ല് പൊട്ടും അല്ലെങ്കിൽ കമ്മി പൊട്ടും ഞങ്ങളൊക്കെ കൂടുന്നിട്ട് അയാളുടെ അടുത്ത് പോയി ശണ്ട കൂടി നീ നല്ലവണ്ണം പാട്ട് വായിക്കുന്ന സാധനം എൻ്റെ കയ്യില് വെച്ചിട്ട് ഞങ്ങൾക്ക് വിൽക്കണമൊന്നും പാട്ടേ പാടുന്നില്ല എന്നിട്ട് അവൻ ഞങ്ങളുടെ കയ്യിലുള്ള സാധനം വാങ്ങിച്ചിട്ട് ഭംഗിയായിട്ട് പാട്ട് വായിച്ചു അത് നമ്മളെടുക്കുമ്പോ പാടുന്നില്ല ഇതേ കാര്യമാണ് ഇതേപോലെയാണ് ലക്ഷ്യത്തിനെ കണ്ടെത്തിയവരെ കണ്ടിട്ട് നമ്മൾ അതുപോലെയൊക്കെ ചെയ്തു നോക്കണോ നമുക്കൊന്നും വരണില്ല അവർക്കത് സുലഭമായിട്ടിരിക്കണം ഇപ്പൊ നീന്തുന്നവരോട് ചോദിച്ചാൽ എങ്ങനെ നീന്തും ചോദിച്ചാൽ അവർ വെള്ളത്തിൽ ചാടും നീന്തും നമ്മൾ ചാടിയ ഉള്ളിൽ പോയി പല കാര്യങ്ങൾ അങ്ങനെയാണ് ആ പ്രതിഭ എങ്ങനെയെന്ന് പ്രതിഭാസമ്പന്നു തന്നെ ചിലപ്പോ പറയാൻ പറ്റില്ല കുഞ്ഞുകൂട്ടൻ നമ്പരാൻ്റെ അടുത്ത് ആരോ ചെന്ന് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ കവിത എഴുതണതാന്ന് ചോദിച്ചു ഒരാൾ പുതിയതായി കവിത എഴുതാൻ തുടങ്ങിയതാണ് കവിത എഴുതുക എന്നൊരു രോഗമാണത് എന്താന്ന് കവിത തനിയെ വരണം കവിതാ വനിതാ ജൈവ കവിതയും കവിത സ്വയമേവ വരേണ്ടതാണെന്നാണ് ഒരു ചൊല്ലുണ്ട് പഴയ സുഭാഷിതത്തിൽ അതുപോലെ സ്വയമേവ ആകതാ എന്നാണ് കുഞ്ഞിക്കുട്ടി നമ്പരാൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു നിങ്ങൾ എങ്ങനെയായി മഹാഭാരതം ലക്ഷം ശ്ലോകം വിവർത്തനം ചെയ്തു എങ്ങനെ ചെയ്യും അതോ രാവിലെ എണീറ്റ് കുളിച്ച് ദേവിയൊക്കെ എഴുതിട്ട് വന്നിരിക്കും എന്നിട്ട് എന്നിട്ട് എന്താ ഒരാള് മൂലം വായിക്കും എന്നിട്ട് ഞാൻ കേൾക്കും എന്നിട്ടോ അത് മലയാളത്തിൽ ചൊല്ലിക്കൊടുക്കും വേറെ ഒരാൾ എഴുതും എങ്ങനെയാണോ എഴുതണോ ഇതിന്റെ ഇത് എങ്ങനെ ഇപ്പൊ പറയും അതേപോലെയാണ് ലക്ഷ്യത്തിനെ കണ്ടിട്ട് ആകർഷകമായിട്ടിരിക്കണം നമുക്ക് ആ ലക്ഷ്യത്തിൽ നിൽക്കുന്നവർ സ്ഥിതപ്രജ്ഞന്മാരായിട്ടുള്ളവർ ജീവൻമുക്തന്മാരായിട്ടുള്ളവരുടെ സീക്രട്ട് എന്താ അവരെ കണ്ടിട്ട് നമ്മൾ എന്ത് വിചാരിക്കണോ അവരെന്തോ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വെളിയിൽ പറയണില്ല അതുകൊണ്ട് അവരെന്തോ മന്ത്രം ജപിച്ചിട്ടുണ്ടാവണം എന്തോ യോഗ ഇത് വെറും ഭ്രമമാണ് അവരും പച്ചയ്ക്ക് സത്യം തുറന്നു പറയും ഞങ്ങൾ ചെയ്തത് കൊണ്ടൊന്നുമല്ല ഭഗവത് കൃപ കൊണ്ടാണ് എപ്പോ ഈ ചെയ്യുന്നത് വിട്ടുവോ അപ്പോഴാണ് സത്യം ഞങ്ങൾക്ക് വന്നത് എന്ന് എല്ലാ ജ്ഞാനികളും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ വിചാരിക്കുന്നത് ലോകത്തിലെല്ലാം ഒന്ന് ചെയ്തിട്ടാണ് ഒന്ന് കിട്ടണതേ അതിനെ വെച്ചുകൊണ്ട് തന്നെ മഹാത്മാക്കളെ അവര് പറയണില്ലേ അത്രേ ഉള്ളൂ അത് ചെയ്തത് അവര് ശ്രീവിദ്യ ഉപാസന ചെയ്തതുകൊണ്ടാണ് കിട്ടിയത് അല്ലെങ്കിൽ അവര് ഒരു ഹഠയോഗം അനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണോ കിട്ടിയത് രാമനാമം ജപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണോ കിട്ടിയത് ശരി നീ രാമനാമൻ ജപിക്കൂ നാല് ദിവസം ജപിക്കണോ ഒന്നും നടക്കണില്ല ഈ തന്തിരത്തിൽ കാണ്ടുമെന്റ് തോർക്ക് അതന്തിരത്തിൻ്റെ ഒളിത്തും മാണികവാചകസ്വാമികൾ പറഞ്ഞു ഈ തന്ത്രം കൊണ്ട് പിടിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കണില്ലാന്ന് ഒരു ടെക്നിക്കും എല്ലാ ടെക്നിക്കും എല്ലാ സൂത്രങ്ങളും ഈ കർത്തൃത്വരൂപമായ അഹങ്കാരം സത്വരജസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യണതാണ് ഈ അഹങ്കാരത്തിന്റെ പിടി നമ്മൾ എന്ന് വിടുന്നുവോ സത്വഗുണത്തിനെയും രജോ ഗുണത്തിനെയും തമോഗുണത്തിനെയും എന്ന് പ്രകൃതിയിലിരിക്കുന്നതായിട്ടും ആത്മാവിനോട് സംബന്ധമില്ലാത്തതായിട്ടും കാണുന്നുവോ നമ്മളെ സാക്ഷിമാത്രമായ സത്യമായി നമ്മൾ എന്ന് അറിയുന്നുവോ ഈ സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ തന്നെ സ്ക്രീനിൽ സിനിമ പോലെയോ മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയോ ശുദ്ധപ്രജ്ഞയിൽ ബോധത്തിൽ കാണപ്പെടുന്ന ചിത്രം മാത്രമാണെന്ന് എന്ന് സുവ്യക്തമായ ഉൾക്കാഴ്ച ഉണ്ടാകുന്നു അന്ന് അന്ന് ജയിലും പുറത്തു പോകും പറഞ്ഞത് തന്നെ വെളിച്ചത്തിലായിട്ട് ഉണ്ടാവില്ലേ ഞാൻ എന്തു ചെയ്യാൻ പറ്റും അപ്പോ സത്വം സുഖത്തിലാസക്തമാക്കും രജസ് കർമ്മത്തിൽ ആസക്തമാക്കും തമസ് ജ്ഞാനത്തിന് ആവരണം ചെയ്ത് ദൃഢായാസ്യ സംസാരഹേതു ഞാൻ കർത്താവാണു ഭോക്താവാണെന്ന് പ്രബലമായ അഹങ്കാരത്തിന് ഉണ്ടാക്കും ഇതാണ് പ്രമാദം വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു പ്രജ്ഞാവാൻ പണ്ഡിതോപി ചതുരോപി അത്യന്തസൂക്ഷർത്ഥിയുടെ സ്വയം പ്രജ്ഞാവാൻ ആണെങ്കിലും പണ്ഡിതനാണെങ്കിലും അതികുശലനാണെങ്കിലും സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയാൻ ശക്തിയുള്ളവനാണെങ്കിൽ പോലും ഈ തമസുവെന്ന് മറച്ചിട്ട് അവന് കാര്യമൊന്നും പിടികിട്ടണില്ല മനസ്സിലാവണില്ല ഞാൻ കർത്താവാണം ബോക്താവാണെന്നൊക്കെ പറയും അഭിമാനത്തിൽ നിൽക്കും ഈ അഭിമാനത്തിന് കാരണം തമോ ഗുണമാണ് തമോഗുണം ജീവനെ ലക്ഷ്യത്തിലെത്തിക്കാതെ പിടിച്ചു നിർത്തും രജോ ഇവനെ കർമ്മത്തിൽ ആസക്തമാക്കും സത്വഗുണം ഇവന് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കിക്കൊടുത്ത് പതുക്കെ സത്യത്തിലേക്ക് കടത്തിവിട്ടിട്ട് പിൻവാങ്ങും ഇപ്പൊ ഇത്രയും പറഞ്ഞ തമോഗുണത്തിന്റെ ലക്ഷണം ഭഗവാൻ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് നോക്കൂ അപ്രകാശോ പ്രവൃത്തി പ്രമാദോ മോഹ തമസാ വിവൃദ്ധേ കുരുനന്ദന അപ്രകാശ ഇവിടെ ട്രാൻസ്ലേഷൻ ഗ്ലൂം എന്നാണ് എന്നുവെച്ചാൽ മൂഡ് ഓഫ് എന്ന് പറയില്ലേ ഇപ്പോഴത്തെ ആളുകളുടെ വാക്കാണത് ഒരു മൂഡില്ല മൂഡ് ഓഫ് ടിക്കണം ബോറടിച്ചിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കണത് അല്ലെ ബോർ അടിക്കാതിരിക്കാനാണ് ആദ്യം റേഡിയോ കണ്ടുപിടിച്ചു പിന്നെ ടേപ്പ് റെക്കോർഡറായി പിന്നെ ടെലിവിഷമായി അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരാ കളർ വിഷമായി പിന്നെ ഒരു സ്റ്റേഷൻ പോരാ ലോകത്തിലെ എവിടെയൊക്കെ എന്തൊക്കെ വൃത്തികൾ അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ മുറിയിൽ ഇരുന്ന് കാണണം അങ്ങനെയായി അത് അച്ഛനൊരു ടി വി മകനൊരു ടി വി ഭാര്യയ്ക്ക് ഒരു ടി വി എല്ലാവർക്കും വേറെ വേറെ ടി വി അങ്ങനെയൊക്കെ ഉണ്ട് വീടുകളില് ഇതൊക്കെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടേ ഓരോ മുറിയില് മക്കൾക്കൊരു ടി വി കൊടുത്തു അച്ഛനൊരു ടി വി അമ്മയ്ക്കൊരു ടി വി മക്കൾക്കൊരു ടി വി എന്നിട്ട് പറയണ സമാധാനം എങ്ങനെ ഉണ്ടാവും ഉണ്ടായാലേ അല്പത്തുള്ളൂ എല്ലാം വേണ്ടതൊക്കെ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട് അസമാധാനത്തിന് എന്നിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ചു എന്നിട്ടോ എന്നിട്ടും ബോറടിക്കണം ഒരു സീരിയൽ കുറച്ചു നേരിട്ടാ ആ കയ്യിലൊരു സാധനം ഞെക്കിക്കൊണ്ടേയിരിക്കും മാറ്റിക്കൊണ്ടേയിരിക്കും ഇത് ബോറടിച്ചോ അത് ബോറടിച്ചോ എല്ലാം ഈ മനുഷ്യന് മാത്രം എന്താ ഈ ബോറടിക്കണം ഒരു മൃഗത്തിനും ബോറടിക്കണില്ല അല്ലേ ഒരു പശുവിനെ കൊണ്ടുവന്നിരുത്തിയ ടി വി കാണുവോ നായ ടി വി കാണുവോ ചിലപ്പോ പറയാൻ പറ്റില്ല കാരണം പഴയ സീരിയല് പകുതിയാവുമ്പോ മരിച്ചു പോയവരൊക്കെ വീണ്ടും ജനിക്കുകയാണ് അങ്ങനെയൊക്കെയാണേ അപ്പൊ അത് കാണുമായിരിക്കും ഒരു ജന്തുവിനും ബോറടിക്കണല്ലോ ആയിരമായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുരുവി എങ്ങനെയിരുന്നു അതേപോലെയാണ് ഇപ്പോഴിരിക്കണത് മനുഷ്യന് മാത്രം എന്തേ വിരസത്തെ തോന്നാൻ കാരണം ഈ വിരസത എവിടുന്ന് വരണു തമോ ഗുണത്താണെന്നാ തമോ വന്നു പൂർവ്വകർമ്മങ്ങള് കഷായ സ്ഥിതിയിൽ കെട്ടിക്കിടക്കുകയാണ് പുറമേക്ക് വരാതെ അത് തമോ ഗുണരൂപത്തിനുള്ളിൽ കിടന്നിട്ടാണ് ബോറടിക്കണത് ഇതൊരു രോഗമാണ് ജസ്റ്റ് വാച്ച് എന്തായി ബോറടിക്കൽ എന്ന് വെച്ചാൽ ഒരു പശുവിന്റെ പോലും വിദ്യാഭ്യാസമുള്ള നമ്മൾക്ക് പക്വതയില്ലല്ലോ ഒത്തിരി പുല്ലു കൊടുത്താൽ അത് തിന്നിട്ട് മണിക്കൂർ കണക്കിനും ഇണ്ടാതെ ഇരിക്കുന്നുണ്ട് നമുക്കിരിക്കാൻ പറ്റുന്നില്ലല്ലോ പുസ്തകം വേണം ടി വേണം എല്ലാം കഴിഞ്ഞിട്ടും വിരസത തോന്നുന്നു ഡിപ്രഷൻ സൈക്കിക് ട്രബിൾ ഇന്നത്തെ കാലത്താണ് ഏറ്റവും മനഃശാസ്ത്രക്കാരുടെ ആവശ്യം വരുന്നത് അവരെന്ത് ചെയ്യും പാവും അവർക്കും ഇതേ പ്രശ്നമാണേ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് കാശും കൊണ്ടുപോയിട്ട് വേണം അവർക്ക് ചില മനസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ അവരെന്ത് ചെയ്യും ഇതിനൊക്കെ കാരണം എന്താ തമോ ഗുണം ഉള്ളിലുണ്ടെങ്കിൽ ആദ്യത്തെ ലക്ഷണമാണ് അത്ര അപ്രകാശം എന്നുവെച്ചാൽ പ്രസന്നതയില്ലായ്മ മനസ്സ് പുറമേക്ക് പോകും തോറും അപ്രകാശമുണ്ടാവും പുറം വസ്തുക്കളിൽ ഓരോന്നിനും ചെന്ന് പെടും തോറും അപ്രകാശം ഉണ്ടാവും ബാഹ്യേ നിരുദ്ധേ മനസ്പ്രസന്നത മനഃപ്രസാദേ പരമാത്മദർശനം എന്നാണ് ആചാര്യസ്വാമികൾ പറയു ബാഹ്യേ നിരുദ്ധേ മനസ് മനസ്സികം പുറം വിഷയങ്ങളിലേക്ക് പോയില്ലെങ്കിൽ പ്രസന്നമായിരിക്കും മനസ്സ് ജഡപപദാർത്ഥങ്ങളൊക്കെ ചെന്ന് പെടുമ്പോ അപ്രകാശ പതുക്കെ പതുക്കെ ജഡത്തിന്റെ സ്വഭാവത്തിന് അത് സ്വാംശീകരിക്കുകയും അത് ജഡമാവുകയും ചെയ്യും ഡിപ്രസ്ഡായിട്ടിരിക്കും തമോ ഗുണത്തിന്റെ ലക്ഷണമാണ് ട്രീറ്റ്മെന്റ് ചെയ്യണം അതിന് ആ ഡിപ്രഷനിൽ ഇരിക്കുമ്പോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഡിപ്രഷൻ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സത്വഗുണം ഉള്ള സമയത്ത് അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി സത്സംഗവും നാമജപവും ഭഗവത്യാനവും സദ്ഗ്രന്ഥപാരായണവും ഒക്കെയായി സത്വഗുണത്തിനെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊള്ളണം തമോഗുണത്തിന്റെ ലക്ഷണമാണ് അപ്രകാശം പിന്നെയോ അപ്രവർത്തിച്ച് എന്തും ഇപ്പൊ ചെയ്യണം നാളെ അവിടെ ഗവൺമെന്റ് ഓഫീസിൽ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളാണ് അത്ര ഉള്ളത് ഒന്ന് ഫോർവേഡ് ഒന്ന് ബാക്ക്വേഡ് കാസ്റ്റല്ല മുമ്പിലേക്ക് തലചരിച്ച് കിടന്നുറങ്ങണവരും ബാക്കിലേക്ക് തലചരിച്ച് കിടന്നു രണ്ട് എന്തും നാളെ ആവട്ടെ എന്നാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ട് എന്തുകൊണ്ട് നാളെ നാളെ എഴുതി നാളെ നീളേ പുനഃ പുനഃഹ് അപ്രകാശോ അപ്രവൃത്തി അധ്യാത്മ സാധനയിലാണെങ്കിലും വയ്യ ഇന്ന് നാമം ജപിക്കാൻ വയ്യ മൂടില്ല മൂടെ എപ്പം വരും വർഷത്തിൽ ഒരു ദിവസം വരും അന്ന് ഗംഭീരമായിട്ട് ജപമായിരിക്കും ധ്യാനമായിരിക്കും ഒക്കെ ആയിരിക്കും പിന്നെ അടുത്ത ദിവസം അവിടെ ഇരുന്നാൽ മൂടു വരണില്ല ഇതാണ് തമോ ലക്ഷണം ഗുണങ്ങളെ ആശ്രയിക്കാതെ പ്രവർത്തിക്കുന്നവർ ക്രമേണ അവരുടെ പ്രവൃത്തി സിദ്ധമാകും മൂടുണ്ടെങ്കിലും മൂടില്ലെങ്കിലും നാമം ജപിക്കണോ ജപിക്കുക പ്രവൃത്തി ചെയ്യണമോ ചെയ്യ എനിക്ക് മൂടാശ്രയിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നാൽ എനിക്ക് പറയും ഇന്നും മൂടില്ല അതുകൊണ്ട് പ്രസംഗത്തിന് വരണില്ല എന്ന് പറഞ്ഞാ വെറുതെ വിടുവോ ഇപ്പൊ ജോലിക്ക് പോണ ആളുകൾക്കൊക്കെ മൂടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി അതേപോലെ അധ്യാത്മസാധനയിലും മനസ്സിനെ ആശ്രയിക്കാതെ സാധന ചെയ്യുക മനസ്സ് വഴങ്ങി തന്നാലും വഴങ്ങി തന്നിട്ടില്ലെങ്കിലും വേണ്ട ജപവും ഭഗവത് ധ്യാനവും ആരാധനയും ഒക്കെ ചെയ്യുക അപ്പൊ എന്താവും ക്രമേണ മനസ്സ് നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മളെ വിട്ടുപോയിക്കൊള്ളും അപ്രകാശോ അപ്രവൃത്തി പ്രമാദോ മോഹയേ വച്ച് വീണ്ടും പ്രമാദത്തിന് ഭഗവാൻ ഇവിടെ പറയാ പ്രമാദം എന്ന് വെച്ചാൽ ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ള അഹങ്കാരമാണ് മുഖ്യമായിട്ടും അതിൽ നിന്നും ഇവന് സത്യബോധം ഉണ്ടാവില്ല മോഹയേ വച്ച് കള്ളത്തിനെ സത്യമെന്ന് ഭ്രമിക്കൽ ഇല്ലാത്തതിനെ ഉള്ളതായി കരുതൽ പ്രമാദോ മോഹയേവച്ച് തമസ്യേതാനു ജായന്തി വിവൃദ്ധേ കുരുനന്ദന അടുത്ത ശ്ലോകം യഥാസത്വേ പ്രവൃദ്ധേ തൂ പ്രളയം തദോത്തമവിതാം ലോകാൻ അമലാൻ പ്രതിപദ് ഈ ശ്ലോകങ്ങളൊക്കെ കുറച്ച് വേഗം പോവാം സത്വഗുണം പ്രബലമായിട്ടിരിക്കുമ്പോൾ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഉത്തമവിദാം ലോകാൻ ഉത്തമന്മാരായിട്ടുള്ളവരുടെ ലോകത്തിനെ അഥവാ അറിവിൽ ഉത്തമമായി ഉയർന്ന മണ്ഡലത്തിലുള്ളവരുടെ ലോകത്തിനെ അവർ പ്രാപിക്കും നമ്മളിപ്പോ ഇരിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ മാത്രമാണ് ഒരു പ്ലെയിൻ ഓഫ് അവേർനെസ് ആണ് ഇവിടെ തന്നെ ഒത്തിരി തെറ്റിയാൽ വേറെ പലതും കാണും നമ്മളുടെ ശാസ്ത്രങ്ങൾ പുരാണങ്ങൾ സിദ്ധലോകം ചാരണലോകം ഗന്ധർവലോകം ദേവലോകം എന്നൊക്കെ പറയണു അതല്ലാതെ ചുവട്ടലും ലോകങ്ങളുണ്ട് ജന്തുക്കളുടെയൊക്കെ ലോകമുണ്ട് ഓരോ പ്രാണികൾക്കും അവരവരുടേതായിട്ടുള്ള ലോകമുണ്ട് നമ്മളുടെ ഗുണത്തിൻ്റെ ഉത്കൃഷ്ടാപകൃഷ്ടതയ്ക്കനുസരിച്ച് അതാത് ലോകത്തിൽ ചെന്ന് ജനിക്കുമെന്നാണ് അതാത് മണ്ഡലത്തിൽ പെടും നമ്മൾ മനുഷ്യ മണ്ഡലത്തിലിരിക്കുമ്പോൾ തന്നെ പല പ്ലെയിനാണ് നമ്മളുടെ ചിത്രം സത്വഗുണത്തിലാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതുമാതിരി ആ ഉള്ള ആളുകളുടെ അടുത്ത് ബന്ധപ്പെടും അതുമാതിരിയുള്ള കാര്യങ്ങളാണ് അറിയുക അതുമാതിരി ഉള്ളവരാണ് നമ്മളുടെ കൂടുക ഓക്കെ അങ്ങനെ ഒരു മണ്ഡലം ഉണ്ടാവും ആ സത്വഗുണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരാൾ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉത്തമരായിട്ടുള്ളവരുടെ മഹദാദി തത്വപിതാം ലോകാൻ മലരഹിതാൻ പ്രതിപദ്ധ്യത പ്രാപ്നോതി മഹത്തത്വത്തിനെ അറിയുന്നവരുടെ ലോകത്തിനെ ഓർ മഹത് മുതലായിട്ടുള്ള ലോകത്തിനെ ഭൂഹു ഭുവഹ സുവഹ മഹ ജനഹ തപഹ സത്യം എന്ന് പറഞ്ഞ് സപ്ത ലോകസപ്തകങ്ങൾ പറയുന്നുണ്ട് ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെന്ന് ജനിക്കുമെന്നാണ് സത്വഗുണത്തിലാണ് ഒരാൾ മരിക്കണതെങ്കിൽ രജോ ഗുണത്തിലാണെങ്കിലോ നോക്കാം രജസിപ്രളയം ഗത്വ കർമ്മസംഗിഷുജായ രജസി പ്രളയം ഗത്വ രജോ ഗുണത്തിലാണ് പ്രളയം മരിക്കുന്നതെങ്കിൽ കർമാസക്തിയുക്തേഷു മനുഷ്യേഷു ജായേ അയാൾ ജനിച്ച ദിവസം മുതൽക്ക് ഓടി നടക്കേണ്ടി വരും വെറുതെ ഇരിക്കാനേ പറ്റില്ല കർമ്മസംഖികൾ വർക്ക്ഹോളിക്കായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് ജനിക്കും അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ ആയിരിക്കും അച്ഛനും അമ്മയൊക്കെ കുട്ടി കാണുന്നത് എപ്പോഴെങ്കിലും ആയിരിക്കും കുട്ടി എണീക്കണതിനു മുമ്പ് അച്ഛനും അമ്മയും പുറത്തു പോകും കുട്ടി ഉറങ്ങിയ ശേഷവും ശേഷം അച്ഛനും അമ്മയും വരും ഒരു ഞായറാഴ്ച എവിടെയെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിലും വിശേഷത്തിനോ പോകും അപ്പോഴും കുട്ടി കാണില്ല എപ്പോഴെങ്കിലും ഒരു ദിവസം രണ്ടുപേരും വീട്ടിലേക്ക് വരണതും വ്യവഹരിക്കണതും ആയിട്ട് കാണും അതാണ് ഇന്നത്തെ ലോകം ഇതാണ് കർമ്മസംഖ്യഷു ജാത്തിൽ കുട്ടിയെ നോക്കുന്നത് ക്രഷൽ കൊണ്ട് എവിടെ കൊണ്ടുവിട്ടു അവിടെ ക്രഷാണ് കുട്ടിയെ എന്തു ചെയ്ത്രേ അറിയോ ചിലപ്പോ അങ്ങനെയൊക്കെ നടക്കണുണ്ട് അപ്പൊ ചില ഇങ്ങനെയും പോകുമ്പോ ഇങ്ങനത്തെ ചിലതൊക്കെ ചെവിയിൽ വീഴും കുട്ടിയെ കുട്ടികളെ നോക്കാനുള്ള സ്ഥലത്ത് ഉണ്ടാക്കിയാൽ ഒരു കുട്ടിയെ വെച്ചുകൊണ്ടിരിക്കണവർക്ക് തന്നെ അറിയാം അത് ഉറങ്ങണില്ല വിഷമങ്ങൾ അവരെന്തി കുട്ടിക്ക് ഉറക്കകൊളിക ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കടന്നുറങ്ങും ഇപ്പൊ ചെയ്യണ പരിപാടികളാണ് കുട്ടികളെ ഉറക്ക ഗുളിക കൊടുത്ത് ഉറക്കാം അച്ഛനും അമ്മയോ അതിന്റെ തലയിലെഴുത്താണ് അച്ഛനും അമ്മയ്ക്കും കർമ്മത്തിന്റെ കലാപമാണ് ജീവിതത്തിൽ മുഖ്യമായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സമയമില്ല അതുകൊണ്ട് അവര് രാവിലെ പോയാൽ രാത്രി വരും പണിയെടുക്കുകയാണ് പണമാണ് മുഖ്യം അതുകൊണ്ട് ഇതിനൊന്നും സമയമില്ല കുട്ടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്ന് വലുതായിക്കോട്ടെ എന്നുള്ള മട്ടാണ് അവിടെ ചെന്ന് ജനിക്കൂ അത്രേ ജീവൻ കർമ്മസങ്കിഷുജായമസി തമോ ഗുണത്തിലാണ് പോകുന്നതെങ്കിലും മൂഢയോണിഷു ജായ അത്യധികം മൂഢന്മാരായിട്ടുള്ളവരുടെ വംശത്തിൽ ചെന്ന് ജനിക്കും എന്നാണ് തഥാപ്രലീന തമസി മൂഢയോനിഷു എന്നുള്ളതിന് ഇവിടെ മൃഗയോനികൾ എന്ന് തന്നെ ആചാര്യസ്വാമികൾ അർത്ഥം പറയും എലിയായിട്ടോ പെരിച്ചാഴിയായിട്ടോ കൃപാനന്ദ വാര്യർ തമിഴിലൊരു പ്രഭാഷണം ചെയ്യുന്ന അദ്ദേഹം പറയും ഒരുപാട് പുണ്യം ചെയ്താൽ അമേരിക്കയിൽ പോയിട്ട് നായായിട്ട് ജനിക്കും എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ പോയി മനുഷ്യരായിട്ട് പോയി അവിടെ പോയി ജനിച്ചാൽ പണിയൊക്കെ എടുക്കേണ്ടി വരും ഇപ്പൊ പുണ്യം ആസ്വദിക്കാൻ പറ്റില്ല നായാണെങ്കിൽ അതിനെ ഭംഗിയായിട്ട് നോക്കി വേണ്ട വിധത്തിലൊക്കെ കുളിപ്പിച്ച് അതിന് വേണ്ട ബിസ്ക്കറ്റൊക്കെ സ്പെഷ്യലായിട്ട് കൊടുത്ത് അതിനെ എ റൂമിലൊക്കെ വെച്ച് കാറിൽ കൂട്ടിക്കൊണ്ടു പോവുക വരിക ഒക്കെ ചെയ്യും പശുവാദിസ്ഥാവരാന്ത അധോഗതിഹി എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത് പശുവോ പക്ഷിയോ ചിലപ്പം മരമോ ചെടിയോ ആയിട്ട് ജനിക്കാം കുറച്ചേ തമോ ഗുണമുള്ളൂ എന്ന് വെച്ചാൽ വല്ല ചീരയോ മത്തനോ ഒക്കെ ആയിട്ട് ജനിച്ചിട്ട് ആരുടെയെങ്കിലും ബയറ്റിൽ പോയി കാഷ്ടിച്ചു തുപ്പിയിട്ട് അടുത്ത ജന്മം വേറെ വലതുമായിട്ട് വരും പേടിക്കണ്ട ഒക്കെ അങ്ങനെ ഉള്ളതാണ് ഓരോന്നിലും ജീവൻ നാരായണ ഗുരുസ്വാമിയുടെ ഏതോ ഒരു കൃതിയിൽ അദ്ദേഹം പറയണ്ടത് ആളുകൾ ചിലപ്പോ ഒത്തിരി തമോ ഗുണികളായിട്ടുള്ള മത്തനോ വഴുതിരിങ്ങിയോ ഒക്കെ ആയിട്ട് ജനിച്ചിട്ട് അവരുടെ മകനോ പേരക്കുട്ടിയോ തന്നെ അവരുടെ വീട്ടിൽ വളപ്പിൽ തന്നെ ജനിക്കും അവർ തന്നെ മുറിച്ചിട്ട് അന്ന് വഴുതിരിങ്ങോ കൂട്ടാനോ വലുതോ ഒക്കെ വെച്ചിട്ട് ഭക്ഷിച്ച അടുത്ത ദിവസം കാഷ്ടിച്ചങ്ങളെ മൂഢയോ നിഷുചായത്തേ പലവിധത്തിലും ആവാം എലിയായിട്ടോ നമ്മൾ വീട്ടിൽ വരുന്നതൊക്കെ പലപ്പോഴും പഴയ ബന്ധം പുതുക്കാൻ വരുന്നവരാണ് അതുകൊണ്ടൊക്കെ അവരുടെ അടുത്ത് നല്ലവരായിട്ട് നന്നായിട്ട് പെരുമാറും വേണം ആരാന്നറിയില്ല ഏത് ബന്ധത്തിലാണ് വരുന്നത് എന്ന് തമോ ഗുണത്തിൽ മരിച്ചുപോയി അപ്പോ ഇങ്ങനെയൊക്കെ വരാൻ വഴിയുള്ളൂ അവരങ്ങനെയൊക്കെ വരും ആ ജന്മത്തിൽ അവർക്ക് സദ്ഗതി ഉണ്ടാവാൻ വലുതൊക്കെ ചെയ്തു കൊടുക്കുക ഭക്ഷണം കൊടുക്കുക അവർക്ക് നാമസങ്കീർത്തനാദികളൊക്കെ കേൾക്കട്ടെ അടുത്ത ശ്ലോകം കർമ്മണ സാത്വികം നിർമ്മലം ഫലം രജസസ്തുഫലം ദുഃഖം അജ്ഞാനം തമസഫലം കർമ്മണ സുഹൃതാഹു സാത്വികം നിർമ്മലം ഫലം സുഹൃതം പുണ്യകർമ്മങ്ങൾ മംഗളമായ കർമ്മങ്ങൾ ഭദ്രമായ കർമ്മങ്ങള് എന്നുവെച്ചാൽ ഏത് കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയുണ്ടാവോ ചെയ്യുന്ന എന്റെ ഉള്ളിൽ പ്രസന്നത ഉണ്ടാകും അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കും ചെയ്യുന്നവനും ചെയ്യ അതിൻ്റെ ഫലം അനുഭവിക്കുന്നവനും ഒക്കെ നന്മയുണ്ടാവുക ഒരു മൃഗത്തിനെ കൊല്ലുമ്പോൾ കൊല്ലുന്നവൻ്റെ ഉള്ളിൽ ഹിംസയും കൊല്ലപ്പെടുന്ന മൃഗത്തിൻ്റെ ഉള്ളിൽ ഭയവും തമോ അതിനെ ഭക്ഷിക്കുന്നവനും ദൂഷ്യം ചെയ്യുന്നവനും ദൂഷ്യം അതൊരിക്കലും സുഹൃതമാവില്ല സുഹൃതമാവണത് ചെയ്യുന്നവന് പ്രസന്നത അതിൻ്റെ ഫലം അനുഭവിക്കുന്നവന് പ്രസന്നത അതുകൊണ്ട് ആർക്കും ഒരു നെഗറ്റീവായിട്ടുള്ള എഫക്ട് ഇല്ലെങ്കിൽ സാത്വികം ഫലം സത്വഗുണം അഭിവൃദ്ധിപ്പെടും എന്നാണ് അങ്ങനത്തെ ആക്ഷൻസ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഇപ്പം ജ്ഞാനമൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും സുഹൃതമെങ്കിലും ചെയ്യുക സുഹൃതം ചെയ്യാം സുഹൃതത്തിന് വേറെയൊരു വഴി എന്താന്ന് വെച്ചാൽ വിഷമങ്ങളൊക്കെ വരുമ്പോ പ്രതികരിക്കാതെ ആരെയും നിന്ദിക്കാതെ അനുഭവിച്ചു തീർക്കുക അപ്പൊ ദുഷ്കൃതം ക്ഷയിക്കും സുഹൃതം സുഹൃതാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം രജോഗുണകർമ്മങ്ങൾ ചെയ്യുമ്പോൾ യോടുകൂടെ അംബീഷനോടുകൂടെ ആഗ്രഹത്തോടുകൂടെ കർമ്മം ചെയ്യുന്നവർ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും അവർക്ക് വരില്ല വരാനോട്ട് സമ്മതിക്കുകയില്ല അംബീഷൻ കൂടിക്കൊണ്ടേയിരിക്കും രജസസ്തു ഫലം ദുഃഖം എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും അവസാനം താൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല എന്നുള്ളതാണ് ദുഃഖം രജസഫലം ദുഃഖം അജ്ഞാനം തമസ ഫലം ലക്ഷണമോ അജ്ഞാനമാണ് എന്ന് വെച്ചാൽ ആ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഉള്ളില് അറിഞ്ഞുവെച്ച ശാസ്ത്രം ജ്ഞാനം വിദ്യ ഒക്കെ അറിഞ്ഞു പോകും രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും ഉള്ളുന്നു വിട്ടാൽ തന്നെ അന്തര്യാമി പ്രകാശിക്കും രജോ ഗുണവും തമോ പോയാൽ അന്തര്യാമി സത്വഗുണത്തിൽ തന്നെ അന്തര്യാമി പ്രകാശിക്കും അന്തര്യാമി പ്രകാശിക്കുന്ന വെച്ചാൽ ഉള്ളിലെന്തെങ്കിലും വെളിച്ചം കാണുന്നല്ല അർത്ഥം കാരണമില്ലാതെ ആനന്ദം ഉണ്ടാവും നൈർമല്യം ഉണ്ടാവും ശാന്തി ഉണ്ടാവും നിശളത ഉണ്ടാവും പ്രസന്നത ഉണ്ടാവും ശരീരത്തിൽ ലാഘവ ഉണ്ടാവും നല്ലവണ്ണം ഉറങ്ങാൻ പറ്റും ഉറക്കം പ്രസന്നമായിരിക്കും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും പ്രസന്നമായിരിക്കും കൊച്ചുകുട്ടികൾ ഉറങ്ങി എഴുന്നേൽക്കണം നോക്കൂ വലിയൊരു ദിവ്യദർശനമാണ് ഒരു കുഞ്ഞ് ഉറങ്ങാൻ പോയി ഉറങ്ങുമ്പോഴും ദിവ്യമാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ കണ്ണു തുറക്കുമ്പോഴൊക്കെ കണ്ണിലേക്കും മുഖത്തിലേക്കും ഒക്കെ നോക്കുക സൂര്യനുദിക്കണ പോലെ ഉണ്ടാവും നേരെ ഒരുമാതിരി വയസ്സായി നമ്മളൊക്കെ ഉറങ്ങുന്നത് നോക്കുക ഉറങ്ങുമ്പോ തന്നെ അടുത്തൊന്നും പോകാൻ പറ്റില്ല പലവിധ മൃഗങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കും ഇനി പോട്ടെ ഉറങ്ങി എഴുന്നേറ്റാലോ അവരുടെ മുഖത്ത് നോക്കാൻ എത്ര സൗന്ദര്യമുള്ള ആളുകളാണെങ്കിലും അതേ ലൗകികന്മാരായിട്ടുള്ളവര് അവരൊന്നു ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇരിക്കുമ്പോൾ അര കിലോമീറ്റർ ദൂരത്തുനിന്ന് ഒരു ദുർഗന്ധം വരും എന്താണെന്ന് വെച്ചാൽ ശരീരം അപ്പോഴാണ് അതിന്റെ പണിയൊക്കെ ചെയ്ത് എല്ലാ ദുഷിച്ച വസ്തുക്കളെയും പുറത്തേക്ക് തള്ള രണ്ട് മുഖത്തു നോക്കിയാൽ ഓക്കാനും വരും ഭക്ഷണം ഉള്ളിൽ ചെല്ലില്ല എന്താ കാര്യം വാസനയുടെ മണ്ഡലത്തിലാണ് മനസ്സ് പോയി ലയിച്ചിട്ടാണ് പുറത്തേക്ക് വരണതേ അപ്പൊ സത്വഗുണത്തിലാണെങ്കിൽ ഒരാൾ സാത്വികനാണെങ്കിൽ കൊച്ചുകുട്ടി കൊച്ചുകുട്ടികൾ ഉറങ്ങുന്ന പോലെ തന്നെ ഉറങ്ങുമ്പോഴും പ്രസന്നത ഉണ്ടാവും ഉറങ്ങി എഴുന്നേറ്റാലും ഫ്രഷ് ആയിട്ടിരിക്കും മുഖത്ത് തെളിച്ചുണ്ടാവും അജ്ഞാനം തമസ ഫലം തമസിന്റെ ഫലം അജ്ഞാനമാണ് സ്വരൂപത്തിനെ മറച്ചുകളേതാണ് അടുത്ത ശ്ലോകം സത് സഞ്ജായ രജസോ ലോഭയേവ പ്രമാദമോഹോ തമസാനമേ സത്വാത്ത് സഞ്ചായത്തെ ജ്ഞാനും ഇപ്പൊ നമുക്ക് മുഖ്യം അതാണ് സാധന എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിനെ വളർത്തുക എങ്ങനെ വളർത്തും സത്സംഗത്തിൽ ചെന്നിരിക്കാം നാമം ജപിക്കാം നാമം ജപിക്കാനും ധ്യാനിക്കാനും ഇരുന്നാൽ കോട്ടുവായി വന്നുകൊണ്ടേയിരിക്കണമല്ലോ നല്ലതാണ് ഉള്ളിലുള്ള തമോ ഗുണം പുറത്തു പോവുകയാണ് കൂട്ടുവായുടെ രൂപത്തിൽ പുറത്തു പോകട്ടെ സത്വ സത്സംഗത്തിന് പോയാൽ ഉറക്കം വരണമല്ലോ സാരമില്ല ഉറക്കം ഉള്ളിലുള്ള ഉറക്കം പുറത്തേക്ക് വരികയാണ് വന്നു വന്നു പോയി കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്സംഗത്തിൽ പ്രവേശിക്കാൻ പറ്റും സത്സംഗത്തിലിരിക്കുക ദിവ്യക്ഷേത്രങ്ങളിലിരിക്കുക സാത്വികമായി കഴിയുന്നതും സ്വയം പരിഭാഗം ചെയ്ത ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വളരെ സാത്വികരായിട്ടുള്ളവര് പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുക രാമാനുജാചാര്യർ പറഞ്ഞു സംസർഗദോഷം ജാതിദോഷം സംബന്ധദോഷം എന്നൊക്കെ ഭക്ഷണത്തിന് പല ചില ഭക്ഷണമൊക്കെ സ്വഭാവേന ദൂഷ്യമുള്ളതാണ് ഉള്ളി വെങ്കായം പിന്നെ മത്സ്യമാംസ ഭക്ഷണങ്ങളെ കൂട്ടുകേണ്ട നല്ല ഭക്ഷണത്തിലും ഞാൻ ഇപ്പൊ പറയുമ്പോ തന്നെ ചിലർക്ക് അതാണ് വെച്ചാൽ ഉള്ളിയും വെങ്കായവും ഒന്നും ഇല്ലാതെ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും എന്നാണ് അത്രയധികം ആളുകൾക്ക് അത് നിർബന്ധ സാധനമായിട്ട് മാറിയിരിക്കാണ് തമസിന്റെ രൂപം വണ്ട സാധനങ്ങളാണത് ചില മഹാത്മാക്കളൊക്കെ ഉപയോഗിച്ചു അതിനെ എല്ലാവർക്കും ന്യായീകരിക്കാൻ പറ്റില്ല സാധകനായിട്ടിരിക്കുമ്പോ ചില ഭക്ഷണം സ്വഭാവേന തമോ ഗുണമുള്ളതാണെങ്കിൽ അതിനെ മാറ്റിവെക്കുക നിങ്ങൾ സഹായം ഉണ്ടാവും നാല് ദിവസം പഴകിപ്പോയത് ചീത്തയായ ഭക്ഷണം ഇതൊക്കെ മാറ്റിവെക്കാം ചില ആളുകൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ് പലയിടത്തും പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഹോട്ടലിലും മറ്റൊക്കെ ഭക്ഷണം കഴിക്കുന്നവർക്കൊന്നും നോക്കാൻ പറ്റില്ല അത് കൊണ്ട് നിവൃത്തിയില്ലെങ്കിൽ നിവൃത്തിയുള്ളത്തോളം അവനവൻ പാചകം ചെയ്താൽ നല്ലത് നിവൃത്തിയില്ലാതെ വരുമ്പോ വേണ്ടത്ര അല്പമായി ഭഗവത് പ്രസാദമാണെന്ന് കരുതി ഭഗവത്ഭാവത്തോടുകൂടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ഭക്ഷണത്തിനെ പ്രസാദമായിട്ട് അല്പം വിശപ്പിനു വേണ്ടി കഴിച്ചാൽ അതും ദൂഷ്യം ചെയ്യില്ല ഇതൊക്കെ രാമാനുജാചാര്യരുടെ മാർഗമാണ് ഭക്ഷണത്തിൽ ഈ ഭക്ഷണത്തിൽ ചില വസ്തുക്കളൊക്കെ വീണാൽ ഭക്ഷണത്തിനെ ചിലതൊക്കെ കേടുവരുത്തും തലമുടി അതുമാരത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ സംസർഗോഷം ഇത്തരം ദോഷങ്ങളൊക്കെ നീക്കുകയും സാത്വികമാക്കുകയും സാത്വികമായ ഭക്ഷണം വേണ്ടത്ര ആവശ്യത്തിന് മാത്രം രാമലിംഗ സ്വാമികൾ പറഞ്ഞു പശിത്തീര് തനിത്തീര് വിഴിത്തീര് എന്ന് പറഞ്ഞു ഒരാൾക്ക് കൊടുത്ത ഉപദേശമാണ് എന്താണ് സാധന പശിത്തീര് തനിത്തീര് വിഴിത്തീര് പശിത്തീര് എന്ന് വെച്ചാൽ വിശപ്പോടെ ഇരിക്കൂ എന്നുള്ള അർത്ഥം ഒരുപാട് പേര് ഫുള്ളാക്കേണ്ടർത്ഥം ആവശ്യത്തിന് അല്പം കഴിക്കുക ഏകാന്തത്തിലിര വിഴിത്തിര ജാഗ്രതയോടെ ഇരിക്കുന്നു അപ്പൊ ഭക്ഷണം സംസർഗദോഷം ജാതിദോഷം മുതലായിട്ടുള്ളത് ഇല്ലാതാക്കി രുചിക്ക് വേണ്ടിയല്ല വിശപ്പിന് വേണ്ടിയാണെങ്കിൽ വിശപ്പിന് ഭക്ഷണം കഴിച്ചു പഠിച്ചാൽ നമുക്ക് നല്ല സുഖം ഉണ്ടാവും നല്ലവണ്ണം വിശക്കണു അപ്പൊ എന്താ ഇത്തിരി എന്തെങ്കിലും ചോറോ മോരും ചോറോ ഇത്തിരി വെജിറ്റബിൾസ് എന്തെങ്കിലും കിട്ടിയാൽ മതി രുചിക്കാവുമ്പോ അനേകവിധ സാമഗ്രികൾ വേണം പലതും ഉണ്ടാക്കണം ഒരുപാട് സമയം അതിൽ വേസ്റ്റ് ചെയ്യണം അപ്പൊ എന്താവും ആ ഭക്ഷണം ഉള്ളിൽ പോയാലും ഉറക്കം വരുമെന്നല്ലാതെ സപ്താഹത്തിനൊക്കെ ഗംഭീരമായ സദ്യ ഉച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു മണി മുതൽ നാല് മണി വരെ ഉള്ള ഭാഗവത പാരായണം ഗംഭീരമാവും പിന്നെ അപ്പോ സത്വാത്ത് സഞ്ചായത്തെ ജ്ഞാനം ജ്ഞാനത്തിന് സത്വഗുണത്തിനെ അഭിവൃദ്ധിപ്പെടുത്തണമെങ്കിൽ ആഹാരശുദ്ധൌ സത്വശുദ്ധി സത്വശുദ്ധൌസ്മൃതി സ്മൃതേലാഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ തസ്മൈ മൃദിതകഷായ തമസ്പാരം ദർശയതി ഭഗവാൻ സനത്കുമാര എന്ന് ചാന്തോകൃം പറയാം ആഹാരം ശുദ്ധമായാൽ സത്വഗുണം ശുദ്ധമാവും ശങ്കരാചാര്യര് ആഹാരമെന്നുള്ള വാക്കിന് വായ കൊണ്ട് കഴിക്കണത് മാത്രമായിട്ട് പറഞ്ഞില്ല കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഒക്കെ സൂക്ഷിക്കണം എന്നാണ് ഏകാദശിയാണ് ഭക്ഷണം ഒന്നും കഴിക്കില്ല തിരി എന്തെങ്കിലും പഴമോ പാലമോ കഴിക്കുള്ളൂ കാര്യം ശരി എന്താ ചെയ്യ ടി വി നോക്കിക്കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ അതും ഏകാദശി ആവില്ല ഭക്ഷണം ഒരു വശമാണ് വേണ്ടാത്തത് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെന്നാൽ അതും അകമയ്ക്ക് ദൂഷ്യം ചെയ്യും അതുകൊണ്ട് കണ്ണിലൂടെ അകമയ്ക്ക് അടക്കണതും ചെവിയിലൂടെ ചില വിഷയങ്ങൾ കേട്ടാൽ മതി യു വിൽ ഗെറ്റ് ഡിസ്റ്റർബ് ഇന്ദ്രിയ മൗനം എന്നാണ് അതിന് പറയാം ഇന്ദ്രിയങ്ങളൊക്കെ മൗനം പാലിക്കുക ഡിസ്റ്റർബിങ് ആയിട്ട് ഒന്നും ഉള്ളിലെടുക്കാതിരിക്കുക ചെവി കൊണ്ട് വേണ്ടാത്തൊന്നും കേൾക്കാതിരിക്കുക ഏകാന്തത്തിലിരിക്കുക ഒരു ദിവസമെങ്കിലും സാധിക്കുമെങ്കിൽ മൂക്കുകൊണ്ട് വേണ്ടാത്തൊന്നും മണക്കാതിരിക്കുക നാവ് കൊണ്ട് വേണ്ടാത്തത് രുചിക്കുകയോ പറയുകയോ ചെയ്യാതിരിക്കുക ഇതൊക്കെ ആയാൽ സത്വഗുണം ശുദ്ധമാവും കുറച്ച് കാലം പിടിക്കുമായിരിക്കും പതുക്കെ പതുക്കെ പതുക്കെ പ്രസന്നത തെളിഞ്ഞുവരും സത്വാത് സഞ്ചായത്തെ ജ്ഞാനം രജസോ ലോഭയെ വെച്ച് രജോ ഗുണമാണെങ്കിൽ ലോഭം കിട്ടിയതൊന്നും തോന്നും പ്രമാദമോഹവും തമസ പ്രമാദം വെച്ചാൽ അജ്ഞാനം മോഹം ഇതൊക്കെ തമോ ഗുണത്തുനിന്ന് വരും ഭവതോ അജ്ഞാനമേ അജ്ഞാനം തമോ ഗുണത്തുനിന്ന് ഇത്രയും പറഞ്ഞ് സത്വഗുണത്തില് ആളുകൾ ഉയർന്ന ലോകത്തിനെ പ്രാപിക്കുന്നു രജോഗുണികൾ മധ്യത്തിൽ നിൽക്കുന്നു തമോഗുണികൾ അധോഗതിയെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറയണത് ഈ പ്രകരണം നമുക്ക് ഈ അടുത്ത ശ്ലോകത്തോടുകൂടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം നോക്കുക ഊർധ്വം ഗി സത്വസ്ഥ ഊർധ്വം ഗി ത സത്വസ്ഥ സത്വഗുണത്തിൽ മരിക്കുന്നവർ ഊർദ്ധ ലോകത്തിലേക്ക് പോകും മധ്യ രജോ ഗുണത്തിൽ ജീവൻ ഉപേക്ഷിക്കുന്നവർ മധ്യേ തിഷ്ടന്തി തമോ ഗുണത്തിലുള്ളവര് ജഗന്യ ഗുണവൃത്തിസ്താഹ വിഷയസുഖ താല്പര്യമുള്ള ആളുകള് അതോ ഗച്ഛന്തി താമസാഹ എന്ന് പറഞ്ഞു ഇനിയിപ്പോ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വസ്തുവിലേക്ക് വരികയാണ് ഈ ഗുണങ്ങളൊക്കെ തന്നെ പ്രകൃതിയിലാണ് നമ്മൾ സാക്ഷിയാണ് അവബോധമാണ് പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നൊക്കെ പുറത്തു പോകണമെങ്കിൽ നമ്മളുടെ സ്വരൂപത്തിനെ അറിയണം സ്വരൂപത്തിനെ അറിയാൻ എന്താ വഴി മനസ്സിൽ എന്തൊക്കെ വിചാരവികാരങ്ങൾ വരട്ടെ ശരീരത്തിൽ എന്തൊക്കെ തന്നെ ഉണ്ടാവട്ടെ ഇതൊക്കെ ആർക്കു വരണു എന്നകമേക്ക് ചോദിച്ചാൽ ഈ അനുഭവങ്ങളൊക്കെ ആർക്ക് വരണു ഇതൊക്കെ ആരനുഭവിക്കുന്നു ഞാൻ അനുഭവിക്കുന്നു ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് അകമയ്ക്ക് അന്വേഷിച്ചാൽ ആരാഞ്ഞു നോക്കിയാൽ ഞാൻ ഞാൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആരാഞ്ഞു നോക്കിയാൽ ഞാൻ എന്നുള്ള ഈ അഹങ്കാരം മറിയുകയും സാക്ഷിയായിട്ടുള്ള കേവല സത്യം ക്ഷേത്രജ്ഞൻ അഥവാ അക്ഷരപുരുഷൻ നിശ്ചലമായ അധിഷ്ഠാനം പ്രകാശിക്കുകയും ചെയ്യും ആ അധിഷ്ഠാനം പ്രകാശിക്കുമ്പോൾ അതിൽ ഈ സത്വഗുണം രജോ ഗുണം തമോ ഗുണമൊന്നും അതിനെ സ്പർശിക്കുന്നതേയില്ല ഇതിനൊക്കെ പുറകിൽ നിശ്ചലവും ആകാശം പോലെ നിർമ്മലവുമായ സ്വരൂപത്തിനെ ആര് കാണുന്നുവോ അവൻ അസ്പർശയോഗിയാണ് എല്ലാത്തിൻ്റെ നടുവിലിരുന്നും സ്പർശവിഹീനനായിട്ടിരിക്കാൻ കഴിയും അങ്ങനെയുള്ള അവതൂതനെ കണ്ടിട്ടാണ് ഭാഗവതത്തിൽ യതു മഹാരാജാവ് ചോദിക്കുന്നത് അങ്ങ് സ്പർശവിഹീനനാണല്ലോ എന്നാണ് ബ്രൂഹി സ്പർശവിഹീനസ് ഭവത കേവലാത്മനഹ എല്ലാത്തിന്റെ നടുവിലിരുന്നിട്ടും പറ്റിക്കൂടാതെ നിൽക്കുകയാണ് അതിന് കാരണം എന്താ താൻ തന്നിലാണ് ഇരിക്കുന്നത് ശരീരത്തിലോ മനസ്സിലോ ബുദ്ധിയിലോ പ്രകൃതിയിലോ അല്ല സ്വരൂപത്തിലാണിരിക്കണത് പ്രകൃതിസ്ഥൻ അല്ല സ്വസ്ഥൻ പ്രകൃതിസ്ഥൻ ഗുണങ്ങളാൽ ബന്ധിക്കപ്പെടും സ്വസ്ഥൻ ഗുണങ്ങളാൽ ബന്ധിക്കപ്പെടില്ല സ്വസ്ഥനായിട്ട് ഇരുന്നുകൊണ്ട് തന്നിലിരുന്നു കൊണ്ട് താനായിരുന്നാൽ പ്രകൃതി തീണ്ടില്ല തന്നിലിരിക്കണം തന്നിലിരിക്കുന്നവൻ മൂന്നിനും അപ്പുറം പോകും ത്രി ത്രിഗുണാതീതനായിട്ട് തീരും അവൻ ജ്ഞാനമേ സ്വരൂപമായിത്തീരും ആനന്ദമേ സ്വരൂപമായിട്ടുള്ളവനായിത്തീരും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നമ്മൾ നാളെ കാണാം ഇനി വരുന്ന ശ്ലോകങ്ങൾ കുറച്ച് പ്രധാന ശ്ലോകങ്ങളാണ് അവിടെ സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളുടെ സ്വഭാവം വർണ്ണിക്കലല്ല ഗുണങ്ങൾക്കപ്പുറം പോയുള്ള പോക്കും വരവുമില്ലാത്ത നിത്യബോധത്തിനെ നമുക്ക് ഉണ്ടാക്കിത്തരേണ്ടതാണ് നിത്യയോഗം വരെ നിത്യബോധം വരെ യോഗം വരികയും പോവുകയും ചെയ്യും നമ്മളെത്തിരി ധ്യാനിക്കുകയോ ജപം ചെയ്യുകയോ ഭജന കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം യോഗമാണ് അത് വരികയും പോവുകയും ചെയ്യും ബോധം വരികയും പോവുകയും ചെയ്യില്ല അത് ഒരിക്കൽ തെളിഞ്ഞാൽ പിന്നെ നഷ്ടമാവുകയേ ഇല്ല ആ ബോധത്തിനെയാണ് ഭഗവാൻ ഇനി പറയാൻ പോണത് അത് നമ്മൾ നടത്തോട്ട് കാണാം ിരീടം ഫാലനേത്രാച്ഛിഷാദഗ്ധപഞ്ചേശു കീടം ശൂലാഹതാരതിക്കൂട്ട ശുദ്ധവക്േന്ദു ചൂടം भजे മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവ അംഗേ വിരാജുജംഗ്രഗംഗാതരംഗാഭിരാമോത്തമാകാരണീകുറങ്ങിദ്ധസംസേവിതം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവദേവദ ശംഭോ ശംഭോ മഹാദേവദ നിിദന്ദശേഷോകേശ വൈരി പ്രതാ കാ കത്തഗേന്ദ്രചാസം ഭജേ ദിവ്യസന്മാർഗന്ധു ശംഭോ മഹാദേവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദ കർപ്പർപ്പമേശം കാളകോമകുന് സുരേഷൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവദ ൂതേരുദാരം മന്ദ രാഗേന്ദ്രസാരം മഹാശൌര്യൂരം സിന്ദൂരദൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവ യ മസി മേവ തോന്നം മമ കിഞ്ചിസ്തിയതവേഷ്ടുരുമാത്മനം രമണം ഭത്രോവിന്ദനസീർത്തനം ഹര നമു പാർവതീപതയേ